ശിവര ോത്രം മനസോ മനോയത് വാചോ വാചം സൗപ്രണസാണ ചുഷ ചു അതിമുച്യധീരാമൃത ക്ഷുഷ്ട ോക്ഷണം ബ്രഹ്മ ജാതി ഫലശ്രുത്തിന് കഴിഞ്ഞിട്ട് ആതിമുച്യധീരാ അസ്മാോകാമൃതി അമൃതാ ഭവന്തി ആ മരണധർമാണഭവന്തി മരണമില്ലാത്തവരായിത്തീരുന്നു എന്ന് പറഞ്ഞു അത് ഫലത്തെക്കുറിച്ച് പറയുകയാണ് ശ്രുതി വെളിപ്പെടുത്തുന്ന തത്വജ്ഞാനം അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു ഫലശ്രുതീഷ് ഈ രണ്ടു തമ്മിൽ ബന്ധിപ്പിക്കാൻ അവിടെ എന്തിന്റെ ഒന്നിന്റെ കുറവുണ്ട് കാരണം മനസ്സോ മനോയത് വാചോഹവാചം ചക്ഷുഷക്ഷു തിരിമർ കണ്ണിന്റെ കണ്ണാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് അതിമുച്ച ഈ രണ്ടും തമ്മിൽ എന്തോ ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ തോന്നും വായിക്കുമ്പോഴും നമുക്ക് തോന്നും അതിനെ ബന്ധപ്പെടുത്തുകയാണ് ഭാഷകാരും ആ കണ്ണിന്റെ കണ്ണായതിനെ കണ്ടിട്ട് ഞാത്വ ധീരാഹ അതിമുച് അസ്മാ ലോകാത് പ്രേത്യ അമൃതാ ഭഗവതി അങ്ങനെ ഒന്നും ചേർത്തില്ലെങ്കിൽ ഈ രണ്ടു വാക്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാനൊക്കത്തില്ല അത് പരസ്പരം ബന്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു അർത്ഥബോധം ഉണ്ടാകത്തില്ല നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഒന്ന് കൂടി ചേർത്തേ മതിയാവും ഞാത്ത അധ്യാഹീയത അധ്യാഹരിക്കുന്നു ആ വാക്യത്തിൽ ഇല്ലാത്ത ഒരു ശബ്ദത്തെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അധ്യാഹരിക്കുന്നത് അർത്ഥം അതിനോടൊപ്പം വരും എന്തുകൊണ്ട് കൃഷ്ണുഹൃഷ്ഠ അർത്ഥസ്യാതുമ ആ ചോദിച്ച ആളിന് ആ ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരം റിയാൻ ആഗ്രഹമുണ്ട് ശ്രോത്രാദേഹേ ശ്രോത്രാദില അതറിയണം അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നു ചോദിക്കുന്ന ആണൊരു താല്പര്യമുണ്ടല്ലോ ജ്ഞാതും ഇഷ്ട എല്ലാ ചോദ്യങ്ങളും അറിയാൻ വേണ്ടിയാണ് മറുപടിയിൽ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞു അറിയാൻ വേണ്ടിയാണ് ചോദിച്ചതെങ്കിൽ അറിഞ്ഞിട്ടെന്ന് മറുപടി പറഞ്ഞു അപ്പൊ കണ്ണിന്റെ കണ്ണും അതിനെ ചോദിച്ചത് മറുപടിയിലൂടെ ഗുരുവിന്റെ ഉപദേശത്തിലൂടെ അതിനറിഞ്ഞിട്ട് എന്താണ് ഏതോക്കം ബ്രഹ്മജ്ഞാത്വ അതറിഞ്ഞിട്ട് അമൃതാഹഭവന്തി മുക്തരായിത്തീരുന്നു ചോദിക്കുന്നത് അറിയാൻ വേണ്ടി അറിഞ്ഞിട്ട് മുക്തനാകുന്നു അപ്പൊ ഇത് പരസ്പരം ബന്ധമുള്ളതാണ് അതിനടുത്ത് പറയുന്നത് ജ്ഞാനാതിഹി അമൃതത്വം പ്രാപ്യത ജ്ഞാനം കൊണ്ട് മോക്ഷം സാധാരണ പറഞ്ഞു വരുന്ന കാര്യം ചോദ്യം അറിവിന് വേണ്ടി അറിവ് അമൃതത്വത്തിന് വേണ്ടി പരസ്പര ബന്ധമുണ്ട് ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മനനം ആ മനനം അറിവിന് വേണ്ടിയാണ് അതുകൊണ്ടേ സാധ്യമാകുന്നത് നമ്മളിപ്പം ബോധം കൊണ്ട് ഇതിൽ നിന്ന് മോചിക്കാൻ സാധ്യമാകൂ ഞാത്വ അതിമുച്തി സാമർഥ്യാത് ശ്രോത്രാദി കർണകലാപം ഉചിത്വ അതിമുച്ച അതിൽ നിന്ന് മോചിച്ചിട്ട് ഊജിത്വ ത്യജിച്ചിട്ട് ത്യാഗം എന്നുള്ള ശ്രോത്രാധികരണ കലാപം ഇവിടെ പറയുന്ന എന്താണ് ോത്രത്തിന്റെ ശ്രോത്രം വാദ്യം ശ്രോത്രം വന്നു വാക്കിന്റെ വാക്ക് ഒരു വാക്ക് വന്നു കണ്ണിന്റെ കണ്ണ് വന്നു മനസ്സിന്റെ മനസ്സ് വന്നു അപ്പൊ ആ കണ്ണ് മനസ്സ് ഇതിന കരണകലാപം സമൂഹം ഇതെല്ലാം ഇതിനെല്ലാം തിരിച്ചിട്ട് എങ്ങനെ തിരിക്കും ഞത്വ അറിഞ്ഞിട്ട് തിരിക്കുന്നു അറിവിലൂടെ തിരിക്കാൻ പറ്റുമോ െല്ലാം ത്യജിച്ചിട്ട് മോചിക്കുന്നു മുക്തനായി തീരുന്നു എന്ന കണ്ണിന്റെ കണ്ണിനെ കുറിച്ചാണ് ചോദിച്ചത് അപ്പൊ കണ്ണിന്റെ കണ്ണെന്താണെന്ന് അറിഞ്ഞിട്ട് കണ്ണിനെ ത്യജിക്കുന്നു ചെവിയുടെ ചെവി എന്താണെന്ന് അറിഞ്ഞ് ചെവിയെ ത്യജിക്കുന്നു മനസ്സിന്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞ് മനസ്സിനെ ത്യജിക്കുന്നു അങ്ങനെ ത്യജിച്ചിട്ട് അതാണ് അതിമുച്ച അതിന്റെ അർത്ഥമാണ് പറഞ്ഞു ഉജ്ജിത്വ തിന്ന് പറഞ്ഞത് ഈ കർണങ്ങളെല്ലാം കർണങ്ങളാണ് ജീവന്റെ കർണങ്ങൾ ഇതിനെങ്ങനെ ത്യജിക്കും ത്യജിച്ചിട്ടെങ്ങനെ മുക്തനാകും അത് ത്യജിക്കണമെങ്കിൽ ആദ്യം ആ കണ്ണിന്റെ കണ്ണിനെ അറിയണം എന്നാലേ കണ്ണിന് ത്യജിക്കാൻ പറ്റും കണ്ണിന്റെ കണ്ണിന് അറിയുക അറിയുക എന്നുള്ളതിനാണ് അവിടെ പ്രാർത്ഥന അറിവ് മോക്ഷത്തിന് കാരണമായിരിക്കുന്നു എങ്ങനെയാണോ ആ ത്യാഗം സംഭവിക്കുന്നത് ഇതിനെങ്ങനെ തിരിക്കാൻ പറ്റും ശ്രോത്രാദോഹി ആത്മഭാവം കൃത്വ തത് ഉപാധി സത് ആത്മനാ ജായതെ മറിയതെ സംസാരത്തിച്ച അത ശ്രോത്രാദേഹ ശ്രോത്രാദി ലക്ഷണം ബ്രഹ്മ ആത്മേതിവിധിത്വാദിമുക്തി ശ്രോത്രാദി ആത്മഭാവം പരിത്യജിയോത്രാദി ആത്മഭാവം പരിത്യജന്തി പറയുന്നു ധീരനായി ധീരൻ ധീമാൻ എന്നർത്ഥം സാധാരണ ബുദ്ധിയല്ല വിവേകം നേരത്തെ പറഞ്ഞല്ലോ ഞാത്വ അതിമുച്ച ഭാഷ്യക്കാരന ഇവിടെ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടിങ്ങനെ ഞാത്വ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് കാരണം ഇവിടെ ധീമെന്താന്നുള്ള വാക്കു വന്നുകൊണ്ട് ആ ജ്ഞാനം എന്ന് പറയുന്ന ഇതിനകത്തുണ്ട് ധീരൻ എന്നുവെച്ചാൽ ധീമാൻ എന്നാണ് ഭാഷ്യക്കാരൻ്റെ അർത്ഥം പറയുന്നത് ബുദ്ധിയുള്ളവൻ എന്നുവെച്ചാൽ ജ്ഞാനമുള്ളവൻ ഇവിടെ ഞാനൊന്നു പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ ആത്മബോധം തന്നെ ആ ആത്മബോധം ഉള്ളവനെന്ന് ഒരു പദം വന്നതുകൊണ്ടാണ് ആത്മബോധം കൊണ്ട് ത്യജിക്കുന്നു എന്ന് പറയുന്നത് ആത്മബോധം കൊണ്ട് ഇതിനെല്ലാം എങ്ങനെ ത്യജിക്കാൻ പറ്റും എങ്ങനെ ഉപേക്ഷിക്കാം മനസ്സിനെങ്ങനെ ഉപേക്ഷിക്കുന്നു കരണങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ശ്രോത്രാദി ആത്മഭാവം പരിത്യജന്തി ഹ ഏത് വിവേകികളാണോ ഏതൊരു വിവേകം കൊണ്ടാണോ ശ്രോത്രാദികളിലുള്ള ആത്മഭാവത്തെ ത്യജിക്കുന്നത് ഈ ശ്രോത്രാദികളോടുള്ള ആ താതാത്മ്യത്തെ ത്യജിക്കുന്നത് അതിനാണ് ത്യജിക്കേണ്ടത് അല്ലാതെ ശ്രോത്രാദിയെ ത്യജിക്കാൻ പറ്റത്തില്ല മനസ്സിനെ ത്യജിക്കാൻ കഴിയത്തില്ല അതിന് വന്നു ചേർന്നിരിക്കുന്ന ആത്മഭാവം അധ്യാസം എന്നെല്ലാം പറയും അതിനെ തിരിച്ചിട്ട് നിറക്കും അത് ഞാനും കൊണ്ടുതന്നെ സാധ്യമാകും അതുകൊണ്ടാണ് ജ്ഞാത്വ അജ്ഞാനം എങ്ങനെയാണെന്ന് പറയുന്നു ശ്രോത്രാദേഹി ശ്രോത്രാദി ലക്ഷണം ആത്മാ ബ്രഹ്മേരി വിധിത്വ അതാണ് ഞാൻ ശ്രോത്രാദികൾക്ക് ശ്രോത്രായിരിക്കുന്ന ആ ബ്രഹ്മം അത് തന്നെയാണ് ആത്മാവ് അതാണ് ജ്ഞാനം മറ്റെന്തെങ്കിലും ജ്ഞാനം കൊണ്ട് സാധ്യമോ പരമകർണമായിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഈ കണ്ണിൻ്റെ കണ്ണായി ഇവിടെയിരിക്കുന്നത് സർവസാക്ഷിയായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്നറിഞ്ഞിട്ട് എന്നറിയുമ്പോൾ ഈ ശ്രോത്രാദികളിൽ മനസ്സിലും മറ്റുള്ള ആത്മഭാവം ഇതിനോടുള്ള താതാത്മ്യം ഇടും ഇതിനുള്ള താതാന്യം ഇടുക എന്ന് പറയുന്നത് എന്താണ് എൻ്റെ അനുഭവം ഞാനിപ്പോൾ പറയുന്നു ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ മുണക്കുന്നു ഞാൻ രചിക്കുന്നു ഇതാണ് അനുഭവം അവിടെ തന്നെ അറിയാം ഇതാരാണ് കാണുന്നത് കണ്ണല്ലേ കാണുന്നത് ചെവിയാണ് കേൾക്കുന്നത് മനസ്സാണ് അറിയുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണടച്ചാൽ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് വ്യക്തമായി അറിയാം കണ്ണാണ് കാണുന്നത് കണ്ണാണ് കാണുന്നതെങ്കിലും ഞാൻ പറയുന്നു ഞാൻ കാണുന്നു എന്തുകൊണ്ട് പറയുന്നു കണ്ണിനോട് എനിക്ക് താതാത്മ്യം വന്നു ചെവി കേൾക്കുന്നെങ്കിലും ഞാൻ പറയുന്നു ഞാനാണ് കേൾക്കുന്നത് അപ്പോൾ ആ ചെവിയോടെനിക്ക് താതാത്മ്യം വന്നു ആ കർണങ്ങളോട് ഞാൻ പറയും ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഇതാണ് പറയുന്നത് കർണത്തിലുള്ള ആത്മഭാവം ഇതല്ല വാസ്തവത്തിൽ കാണുകയും കേൾക്കുകയെന്നും ചെയ്യുന്നത് പിന്നെന്താണ് വാസ്തവത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഈ കണ്ണിന്റെ കണ്ണാണ് ഈ കണ്ണിന്റെ കണ്ണാണ് വാസ്തവത്തിൽ കാണുകയും കേൾക്കുകയും ഉണക്കുകയും രുചിക്കുകയെല്ലാം ചെയ്തത് ഇതല്ല പക്ഷെ എനിക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഞാൻ കരുതുന്നു ഈ കണ്ണാണ് കാണുന്നത് ഈ കണ്ണിന്റെ കണ്ണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക എന്ന് പറഞ്ഞാൽ അത് സർവസാക്ഷിയായിരിക്കുന്നുണ്ട് സർവസാക്ഷിയായി തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യം അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണിതല്ല അവിടെ ഈ കണ്ണും ചെവിയുമെല്ലാം കേവലം കർണങ്ങൾ മാത്രമാണ് അതിനു കാണാനും കേൾക്കാനും ഒന്നും കഴിയത്തില്ല സർവസാക്ഷിയായിരിക്കുന്ന ചൈതന്യത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ബോധം വരുന്നുണ്ട് മറിച്ച് ഈ കർണങ്ങളോടെല്ലാം താതാത്മ്യപ്പെടുന്നു എന്നിട്ട് പറയുന്നു ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ രുചിക്കുന്നു ഞാൻ മണക്കുന്നു പറയുന്നു ഇതാണ് ത്യജിക്കേണ്ടത് ഈ ബോധത്തെ ത്യജിച്ചിട്ട് ഈ താതാത്മ്യത്തെ ത്യജിച്ചിട്ട് ആ താതാത്മ്യത്തെ എങ്ങനെ ത്യജിക്കും ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നവൻ ആ താതാത്മ്യത്തെ ത്യജിച്ചിരിക്കുന്നു രണ്ടില്ല അതാണ് ധീമന്തഹ എന്ന് പറഞ്ഞത് ഏതൊരുവനാണോ ഈ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നത് സർവസാക്ഷിയായിരിക്കുന്ന ഈ ചൈതന്യത്തിൽ ആണ് ഈ ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ധരിച്ചവൻ അതാണ് ധീമാൻ വിവേകി അവനില്ലാത്തയാകുമെന്ന് സംഭവിച്ചിരിക്കുന്നു അത് രണ്ടും ഒന്ന് തന്നെ അല്ലാതെ നമ്മൾ ത്യജിക്കുക എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക എന്നുള്ള അർത്ഥമല്ല കണ്ണ് കാണുന്നില്ല എന്ന് സങ്കല്പിച്ചതുകൊണ്ടായില്ല സങ്കല്പിച്ചാലും കണ്ണ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ അറിയുന്നില്ല എന്ന് സങ്കല്പിച്ചിട്ടും പ്രയോജനമില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് സഹജമായി ഗൂഢമായിരിക്കുന്നു ഇത് ആത്യന്തികമായി എന്താണ് ഒരു ഭ്രമമാണ് ഈ ഭ്രമത്തെ മാറ്റത്തക്കതായ ഒരനുഭവം അനുഭവം ഉണ്ടാവും നമ്മൾ മാണ്ഡവക്യത്തിൽ ചർച്ച ചെയ്തതുപോലെ തുരിയനാണ് സർവജ്ഞനായിരിക്കുന്ന ആ തുര്യനാണ് ജാഗ്രത സ്വപ്ന സ്വശക്തികളിലെല്ലാം സർവഗ്രാഹകനായിരിക്കുന്നത് സർവത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ കണ്ണിന് യാതൊരു ശക്തിയുമില്ല ഈ കണ്ണിന്റെ കണ്ണിനാണ് കാഴ്ചശക്തി ഈ ചെവിക്ക് യാതൊരു ശേഷി ചെവിയുടെ ചെവിക്കാണ് കേൾവിശക്തി അത് ഏത് രൂപത്തിൽ സർവസാക്ഷിയായി സർവഗ്രാഹകനായി അതിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം ചലിക്കുന്നു അതിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അനുഭൂതിയിൽ അനുഭൂതിയുള്ളവനൂടെ ധീരൻ വിവേകി എന്ന് പറയുന്നു ആ അനുഭൂതി എന്നൂടെ ഞാത്വ അത് കേവലമായ ഒരു അനുഭൂതി എന്ന് അവന് പറയാൻ പറ്റും ആ അനുഭൂതിയിൽ അവനൊരു ത്യാഗം സംഭവിക്കുന്നു ആ ത്യാഗം പറയുന്നത് എന്താണ് അവ്യവഹാരത്തിന്റെ ഇല്ലായ്മയല്ല അവൻ പിന്നെ കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നോ ചെവി കൊണ്ട് കേൾക്കുന്നില്ലെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല അവൻ വീണ്ടും കണ്ണുകൊണ്ട് തന്നെ കാണുന്നു ചെവി കൊണ്ട് തന്നെ കാണുന്നു വീണ്ടും അവനവ്യവഹരിക്കുന്ന എങ്ങനെ ഞാനിതാ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്റെ ചെവി കൊണ്ട് കാണുന്നു വ്യവഹാരമില്ല അർത്ഥത്തിലല്ല അത്തരം പ്രവൃത്തികളില്ല അർത്ഥത്തിലല്ല മറിച്ച് ഈ സർവ്വ സാധകവും ബാധകവുമായി വരുന്ന അനുഭൂതി എന്ന് പറയും സാധകവും ബാധകവും എന്ന് പറയുന്നത് എന്താണോ ഈ സാക്ഷി ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ സർവ അനുഭവങ്ങൾക്കും അത് തന്നെയാണ് സാധകമായിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ സാധകമെന്ന് പറയുന്നത് എന്നാൽ ഈ സാക്ഷിയിൽ നിന്നും വിട്ടിട്ട് അതിന് സ്വതന്ത്രമായി ഒന്നും ചെയ്യാനും കഴിയില്ല അതിന്റെ സ്വാതന്ത്ര്യത്തെ ഇത് ഹനിക്കുന്നു നിഷേധിക്കുന്നു അതുകൊണ്ട് ഇത് ബാധകവുമാണ് ഒന്നും മാത്രമല്ല അതുകൊണ്ട് ഇന്ന സാധകവും ബാധകവും എന്ന് പറയുന്നു അത് ബാധകം മാത്രമല്ല അതായത് ിയങ്ങൾ ഈ കർണങ്ങൾ അതിനോടുള്ള താതാത്മ്യത്തെ വിട്ട് പിന്നെ ഈ കർണങ്ങൾക്ക് നിലനിൽപ്പില്ല കർണങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന് നിഷേധിക്കാൻ മാത്രമല്ല ചെയ്യും ആ നിഷേധമെന്ന് പറയുന്നൊരു ഭാഗം മാത്രമേ ആവുന്നു ഈ കർണങ്ങളെയെല്ലാം ഈ കോലാഹലത്തിൽപ്പെടുത്തിയിരിക്കുന്ന ആരാണ് ഈ കർണങ്ങൾക്കെല്ലാം ഈ സ്വാതന്ത്ര്യം കൊടുത്ത ആരാണ് എവിടെ നിന്ന് കിട്ടിയേ ഇതിന് ഈ സ്വാതന്ത്ര്യം നമുക്കറിയാമല്ലോ കണ്ണു തന്നെയാണ് കാണുന്നു മറ്റാരുമില്ല ചെവി തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ കാണാനും കേൾക്കാനുമുള്ള ഈ സാമർഥ്യം ഇതിന് എവിടെ നിന്ന് കിട്ടി ഇതിനാരാ കൊടുക്കുന്നത് അത് അസംബന്ധമാണെന്ന് നമ്മൾ പറയും നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നു അതിനങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല പക്ഷെ അതിനൊരു സ്വാതന്ത്ര്യം അതുകൊണ്ടാണല്ലോ അത് കാണുന്നത് കേൾക്കുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഇതിന്റെ പിന്നിലുള്ള സാക്ഷി ചൈതന്യം അതിനീ സ്വാതന്ത്ര്യം അവിടെ നിന്നാണ് കിട്ടിയത് അതുകൊണ്ടാണ് അതിന് സാധകമെന്ന് പറയുന്നത് ഈ വേണ്ടാതീനങ്ങളെല്ലാം ചെയ്യിക്കുന്നതും അത് അത് ഇതിനെല്ലാം അറുതി ഇതിനെല്ലാം ഇത് ചെയ്യിക്കുന്നതുകൊണ്ട് സാക്ഷി മാത്രനായി നിന്നുകൊണ്ട് അതിന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഇതെന്നെ ചേഷ്ടിക്കും ഈ ചേഷ്ടകൾക്കെല്ലാം കാരണഭൂതനായിരിക്കുന്നുണ്ട് അത് സാധകനായിരിക്കും എന്നാൽ അതേസമയം തന്നെ അതിന്റെ സർവചേഷ്ടകളെയും ഇത് നിഷേധിക്കുകയും ചെയ്യും സ്വതന്ത്രമായി ചേഷ്ടിക്കുന്നതിന് യാതൊരു അവകാശവും കണ്ണിന് കേവലം കണ്ണായിട്ടത് നിലനിർത്തുന്നില്ല പിന്നെ ആ കണ്ണിന്റെ കണ്ണായി സ്വയം നിലനിൽക്കുന്നു അപ്പോൾ കണ്ണിന്റെ കണ്ണായി അത് നിലനിൽക്കുമ്പോൾ രണ്ടും ചെയ്യുന്നു ഒരേ സമയം അതിന് സാധകമായും ഒരേ സമയം അതിന് ബാധകമായും നിൽക്കുന്നു അതാണ് ഞാനീടെ അനുഭവം ഞാനീ ഇതിന്റെ അനുഭൂതിയിൽ ഇതിന്റെ രണ്ടിനും സമർത്ഥിക്കുന്നു തത്വജ്ഞാന നിഷ്ഠയിൽ ആ തത്വജ്ഞാനി ഇതിന് സാധകമായി നിൽക്കുന്നു ബാധകമായി നിൽക്കുന്നു അജ്ഞനങ്ങനെയല്ല അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചത് രണ്ടുമില്ല അവനാ തലത്തിലേക്ക് കിടക്കുന്നില്ല സാക്ഷിയുടെ തലത്തിലേക്ക് അവൻ കിടക്കുന്നില്ല അനുഭൂതിയുടെ തലത്തിലേക്ക് കിടക്കുന്നില്ല അവനോട്ട് ചിന്തിക്കുന്നുമില്ല ഇത് സ്വയം നിലനിൽക്കുന്നു ഇതിന് മറ്റാരെങ്കിലും നിലനിർത്തുന്നു അങ്ങനെ ഒരു ചിന്തയില്ല തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവൻ കണ്ണിന്റെ കണ്ണായി നിൽക്കുന്നുകൊണ്ട് അവൻ ഇതിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു അതേസമയം സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇതിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്നു രണ്ടും ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞെന്താണ് ശ്രോത്രാദികളുള്ള ആത്മഭാവം സ്രോത്രാദി ആത്മഭാവം തൊരു ആ സ്ത്രോത്രാദികളെ ആത്മഭാവം വരും അങ്ങനെ താതബന്ധം വരുന്നു സ്രോത്രാദികളിൽ ആത്മഭാവം താതാത്മ്യം വെച്ചാൽ ചൈതന്യ സാന്നിധ്യം ചൈതന്യം ഈ സ്രോത്രാദികളിലേക്ക് സംക്രമിക്കുന്നത് അപ്പൊ അത് ചൈതന്യവത്തായിത്തീരുന്നു നമ്മൾ സാധാരണ പറയുമല്ലോ കാന്തത്തിന്റെയും ഇരുമ്പിന്റെയും ഉദാഹരണം കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കാന്തികമായി തീർന്നു അപ്പോൾ അത് ചലിക്കുന്നു അതുപോലെ ഈ സർവസാക്ഷി ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ശ്രോത്രാദികളിൽ ആത്മഭാവം വരുന്നു എന്ന് വെച്ചാൽ ചൈതന്യഭാവം വരുന്നു അത് ചലിക്കുന്നു തത്വജ്ഞൻ അതിനെ നിഷേധിക്കുന്നില്ല തത്വജ്ഞനും അതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതേസമയം തന്നെ തത്വജ്ഞന് അതിന് ബാധ്യത നൽകാൻ പറ്റുന്നത് തത്വജ്ഞന്റെ വിവേകമെന്ന് പറയുന്നത് എന്താണ് ആ ആത്മഭാവത്തെ അയാൾ തിരിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഭാവത്തെ അതേസമയം തന്നെ അയാൾ ഹനിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഭാവം വരുന്നതുകൊണ്ടാണ് അവിടെ വ്യവഹാരം നടന്നത് അജ്ഞന് രണ്ടും വിഷയമല്ലാന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അജ്ഞനും തത്വജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത് ശ്രുതി പറയുന്നതാണ് ആ കർണങ്ങളിലുള്ള ആ ചൈതന്യ താതാത്മ്യം ചൈതന്യ താതാത്മ്യം എന്ന് പറയും ചൈതന്യ സംക്രമണമെന്ന് പറയും സാഖ്യ യോഗങ്ങളിലൊക്കെ അതാ പറയുന്നു അവിടെ വേറൊരു ഉപരാഗം ഉപരാഗം എന്ന് പറയും അതി തന്നെയാണ് ആ താതാത്മ്യം സംഭവിക്കുന്നു ആ താതാത്മ്യം അംഗീകരിച്ചുകൊണ്ടാണ് വ്യവഹാരം തത്വജ്ഞനം എന്ത് ചെയ്യുന്നു കാണുന്നു കേൾക്കുന്നു മണക്കുന്നു എന്തുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ടിരുന്ന കാണുന്നു അതിന് ഈ സ്ഥൂലവും സൂക്ഷ്മവുമായ കണ്ണു രണ്ടും ആവശ്യമാണ് ഈ ഗോളകവും അതിന്റെ പിന്നിലുള്ള ഇതും ആവശ്യമാണ് അതിനോടെല്ലാം താതകപ്പെട്ടാലേ കാണാൻ പറ്റും തത്വവിജ്ഞന ഉറക്കത്തിൽ കാണാൻ കഴിയില്ല അവിടെ ആ താതാത്മ്യവും കാണാൻ പറ്റുന്നില്ല അതേസമയം അവിടെ എന്ത് ചെയ്യുന്നു ശ്രോത്രാദ്യ ആത്മഭാവം പരിത്യജ്യ അതേസമയം ആ പരിത്യാഗം സംഭവിക്കുന്നു വേറെ രീതിയിൽ പറഞ്ഞാൽ ത്യാഗവും ഭോഗവും ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് വിവേകമെന്ന് പറയുന്നു നമ്മൾ ധരിക്കുന്ന സാമാന്യ അർത്ഥത്തിലല്ല ആന്തരികമായ അർത്ഥത്തിലാണ് ഈ പറഞ്ഞ ചൈതന്യത്തിന്റെ സംക്രമണവും ഉപരാഗവും ഇന്ദ്രിയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ആനുഭൂതികമായി അയാളിൽ വിവേകം നിലനിൽക്കുന്നു വേർതിരിച്ചറിയുന്ന എന്താണോ ഇത് സ്വയം ചൈതന്യമത്തല്ല ചൈതന്യം തന്റെ സ്വരൂപത്തിൻ്റെതാണോ സ്വരൂപപ്രകാശം കൊണ്ടത് പ്രകാശിക്കുന്നതാണ് സ്വരൂപപ്രകാശം കൊണ്ടത് പ്രകാശിക്കും ഇപ്പൊ സൂര്യന്റെ പ്രകാശത്തിൽ നമ്മളൊരു മെഴുകുതിരി കൊളുത്തിവെച്ചു കഴിഞ്ഞാൽ മെഴുകിതിരിയുടെ പ്രകാശം കൊണ്ടും ആ മെഴുതിരി പ്രകാശിക്കുന്നു അസ്യം സൂര്യന്റെ പ്രകാശം കൊണ്ടും അത് പ്രകാശിക്കും രണ്ടുമുണ്ട് അവിടെ മെഴുതിരി വെളിച്ചത്തിനും സൂര്യപ്രകാശം പറയുന്നുണ്ട് പക്ഷെ ആ മെഴുതിരി സ്വയം പ്രകാശിക്കുന്നു അതുപോലെ ഇവിടെ ആത്മസൂര്യന്റെ പ്രകാശത്തിൽ ഈ കർണങ്ങൾ പ്രകാശിക്കുന്നു എന്നുള്ള ബോധം ഉള്ളവനാണ് ഇവിടെ ധീരൻ വിവേകി സാമാന്യ ജനത്തിനങ്ങനെ ബോധമുണ്ടോ ഇല്ല കണ്ണുകൊണ്ട് കാണുന്ന ഇത്തരം മാത്രം കണ്ണിനപ്പുറം ഒരു കണ്ണ് അതുണ്ടോ എന്ന് ചോദിച്ചല്ലോ ഒരു വിവേകിക്കും അങ്ങനെ ചോദിക്കാം ഒരു സാമാന്യ ജനത്തിനും ചോദിക്കാം കണ്ണിന്റെ അപ്പുറം ഒരു കണ്ണുണ്ടോ അവന് ഈ കണ്ണിന്റെ പ്രകാശം മാത്രമേ അനുഭവ അറിയാത്തതുകൊണ്ട് ചോദിക്കാം മറ്റെന്തെങ്കിലും ഉണ്ടോ വിവേകി അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ഒന്നുണ്ടെന്നറിയാം പക്ഷേ അത് വ്യക്തതയില്ല എന്ന് വെച്ചാൽ അനുഭവമില്ല അനുഭവത്തിന് വേണ്ടി ചോദിക്കുന്നു ആ അനുഭവത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അവനെ മനസ്സിലാക്കുന്നുള്ളത് എന്താണോ ഈ ശ്രോത്രാദികളിലുള്ള ആത്മഭാവത്തെ അവനെ പിടികിട്ടത്തുള്ളൂ നമ്മൾ നൂറ് തവണ ചിന്തിച്ചാലും ശരി ഈ ശ്രോത്രാദികളിൽ എങ്ങനെ ആത്മഭാവം വരുന്നു ഈ കർണങ്ങളിൽ എങ്ങനെ ചൈതന്യം വരുന്നു അത് പിടികിട്ടത്തില്ല കാരണം ചൈതന്യങ്ങളിൽ കാരണം ഈ കരണങ്ങളിൽ ചൈതന്യം വരണമെങ്കിൽ അതിന് പിന്നിൽ ചൈതന്യത്തിന്റെ ഒരു ഉറവിടം വേണം ആ ഉറവിടത്തെക്കുറിച്ച് അറിഞ്ഞാലേ ഇതിലെങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാകുന്നത് അതിനോട് പറഞ്ഞു ശ്രോത്രാദോഹി ആത്മഭാവം കിടത്തുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അധ്യാരോപോ അതിന്റെ തുടർച്ചയാണ് ആ ശ്രോത്രാദികളിൽ ചൈതന്യം വരുന്നതാണ് അധ്യാരോപം ആധ്യാരോപത്തെ തുടർന്ന് വ്യവഹാരം തതുപാധിയായി അവൻ ഈ ഉപാധികളോട് കൂടിയവനായി നിന്നുകൊണ്ട് എന്നുവെച്ചാൽ ഈ കർണങ്ങളോട് കൂടിയവനായി നിന്നുകൊണ്ട് ചൈതന്യവത്തായ കർണങ്ങളോടുകൂടിയവനായി ചൈതന്യവത്തായ ശരീരത്തോടു കൂടിയവനായി തദാത്മന ആ താദാത്മ്യത്തോടുകൂടി ജായതെ സംസാരതി ജനനം മരണം സംസരണം ഇതിന്റെ ആവർത്തനം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ജനനവും മരണവും സംസാരവും എന്ന് പറയുന്നത് കേവലം സ്ഥൂല ശരീരത്തിന്റെ ജനനം സ്ഥൂല ശരീരത്തിന്റെ മരണം എന്നുവെച്ചാൽ അമ്മയുടെ ഗർഭത്തിൽ നിന്നുള്ള ജനനം പിന്നീട് ആ ശരീരത്തിന്റെ നാശം അതുമാത്രമാണ് ഇവിടെ ഈ ശരീരത്തിനോടും കർണങ്ങളോടുമുള്ള താദാത്മ്യം വന്നുകഴിഞ്ഞാൽ ഇവിടെ അരനിമിഷം ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മനസ്സിനെ നോക്കുക മനസ്സിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു വിചാരം ഒരു സങ്കല്പം ഒരു സ്മരണ ഉണ്ടാവുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു ഇതും ജനന മരണങ്ങളാണ് അതും ജനന മരണമാണ് അപ്പോ ഒരു ഈ ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ബാഹ്യമായി സ്വസ്വരൂപത്തിൽ സംഭവിക്കുന്നില്ല എവിടെയാണോ ഈ ചൈതന്യത്തിന് താതാത്മ്യം വരുന്ന അവിടെ തന്നെയാണ് സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും സർവത്ര ജനന മരണങ്ങൾ ഈ സംസാരം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു തത്വജ്ഞനെ സംബന്ധിച്ച് അത് തന്നെ ബാധിക്കുന്നില്ല അജ്ഞനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിന് വിധേയമായി പോകുന്നു ജനന മരണങ്ങളോട് താതാത്മ്യം കൊണ്ട് വിധേയമായി തത്വജ്ഞന എന്ത് ചെയ്യുന്നു അത ശ്രോത്രാദേഹേ ശ്രോത്രാദിരക്ഷണം ബ്രഹ്മാത്മേതി വിധിത്വ അതിന് സ്വരൂപ സാക്ഷാത്കാരം എന്ന് പറയുന്നു ജ്ഞാത്വ ആ വിവേകമുള്ളവനായി അതിമുച്ച ഭാഷകാരൻ ഇനി പറയും ഇവിടെ ഇപ്പോൾ പറയുന്നത് ജീവൻ മുക്തിയെ കുറിച്ചാണ് ഇത് ഇദ്ദേഹം മുക്തിപരമായിട്ടും വ്യാഖ്യാനിക്കും ആ ബോധത്തിൽ ആ താതാത്മ്യത്തെ വിടുന്ന ബോധത്തിൽ ജീവൻ മുക്തനെ സംബന്ധിച്ച് എന്താണോ ഈ പറയുന്ന ഈ താതാത്മ്യങ്ങളെല്ലാം വിട്ടിട്ടൊരു നിലയുണ്ട് എന്നാൽ ഈ താതാത്മ്യത്തെ തുടരുന്ന ഒരു നിലയുണ്ട് അതാണ് വ്യവഹാരം വ്യവഹാരം എന്ന് മുക്തനും ഉപദേശിക്കുന്നു ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു അത്തരത്തിലുള്ള ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഗ്രന്ഥരചിക്കുന്നു ശാരീരിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു ശരീര സംബന്ധിയായിട്ടുള്ള മാനസികമായ വ്യാപാരങ്ങൾ ചിന്ത അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള വ്യാപാരങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിനോട് താതമ്യപ്പെടാതെ പറ്റത്തില്ല താതാത്മ്യപ്പെട്ടേക്ക് സാധ്യമാകും അങ്ങനെ താതാത്മ്യപ്പെടുമ്പോ ആ താതാത്മ്യത്തിന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ സ്വയം സാധകനായിരിക്കുന്നു ഈ സംസാരത്തിന് സാധകനായി നിലനിൽക്കുന്നു ഈ സംസാരത്തെ നിലനിൽക്കുന്നയാല് ആ പരമാത്മ ചൈതന്യം തന്നെ ഇതിനവസാനിപ്പിക്കുന്നയാല് അതും ആ പരമാത്മ ചൈതന്യം തന്നെ അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അപ്പൊ ഈ കർണങ്ങളോട് താതാത്മ്യപ്പെട്ട് അധ്യാരോപണം നടത്തുന്നു അതേസമയം തന്നെ സ്വസ്വരൂപസ്ഥിതനായി ഇതിനെന്നെ അപവദിക്കുകയും ചെയ്യും ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടേ അധ്യാരോപ അപവാദങ്ങൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഞാൻ മുമ്പ് വേറൊരു ഭാഷയിൽ പറഞ്ഞത് ഒരേ സമയം തന്നെ ഇതിന് സാധുതനായും ബാധകനായും അങ്ങനെ ഇരിക്കാൻ കഴിയാവുന്നു പറയുന്നതിനാണ് ജീവൻ മുക്തന്റെ നില എന്ന് പറയുന്നത് ഇതിന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ നടുനില എന്ന് പറയും വ്യവഹാരത്തിൽ നിൽക്കേ തന്നെ രണ്ടിനു സാധിക്കും അധ്യാരൂപത്തിനും അപവാദത്തിനും സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ ജീവൻമുക്തന് ഭീതി ഭീരുവല്ല വ്യവഹാരത്തെ ഭയക്കേണ്ട കാര്യമല്ല നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഒരു ഗുഹയിൽ പോയിരിക്കണം എല്ലാം ശാന്തമാവും തീർച്ചയായിട്ടും ഗുഹയിലൊരു ശാന്തി വേണം ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതിരിക്കും ആ ബാഹ്യമായ ശാന്തി അവിടെയുള്ളൂ പക്ഷെ നമ്മളിതിനെ ഭയക്കുന്നുണ്ടാണ് നമ്മൾ ദുഃഖിപ്പോകുന്നു വ്യവഹാരത്തെ ഭയക്കുന്നുണ്ടാണ് മറിച്ച് ജീവൻമുക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെയാണ് ഈ വ്യവഹാരത്തിന് സാധകനായി നിർത്തുന്നത് ഈ വ്യവഹാരത്തെ നിലനിർത്തുന്നത് അപ്പോൾ അജ്ഞനും തമ്മിലെന്താ വ്യത്യാസം ജീവൻമുക്തൻ ആയാസരഹിതമായി അതിനെ നിലനിർത്തുന്നു അജ്ഞനാണെങ്കിലോ ആയാസത്തോടുകൂടി തന്നെ നിലനിർത്തുന്നു വിവേകശൂന്യനായി ആയാസപൂർവമായിട്ട് അതുകൊണ്ട് പറയുന്ന മനസ്സുഖ അനുഭവിക്കുന്നു സംസാരം അനുഭവിക്കുന്നു ജീവൻ മുക്തി സംസാരമുണ്ട് പക്ഷെ സംസാരത്തെ അനുഭവിക്കുന്നുണ്ട് ജനന മരണങ്ങളെ ആജ്ഞനെപ്പോലെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഏതുപോലെ ഈ സർവ്വ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ഹേതുവായിരിക്കുന്ന പരബ്രഹ്മ ചൈതന്യം അതിനെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ബാധിക്കുന്നില്ല ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും നമ്മളീ പറയുന്ന ഘോരമായ സംസാരം എവിടെയാ നിൽക്കുന്നു ഈ പരമാത്മ ചൈതന്യത്തിലാണ് അത് അതിനെ ബാധിക്കുന്നുണ്ടോ ബാധിക്കാതെ അവിടെ നിലനിൽക്കുന്നു അതവിടെ നനനിൽക്കുന്നുണ്ടാണ് പറയുന്നത് അതിന് സാധകമായിരിക്കുന്നു അതേസമയം അതിന്റെ സ്വരൂപത്തെയും സ്പർശിക്കുന്നില്ല അതുകൊണ്ട് അതിന് ബാധകമായിരിക്കുന്നു ഇതേ നില തന്നെയാണ് മുക്തന്റെയും നില ആ നിലയിൽ ഇവിടെ പറയുന്ന വിവേകം വിധിത്വ അതിമുച്ച ഈ ഒരു നിലയിൽ എത്തിച്ചേരാനാണ് ഇതും പരിശ്രമിക്കേണ്ടത് ത്യാഗത്തെയും ഭോഗത്തെയും ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് അവിടെ പരിചയം അതിനാ അതാണ് പ്രധാന്യം ആത്മഭാവത്തിന്റെ ത്യാഗമാണ് അതിലാണ് ഒരു വൺ വിജയിക്കേണ്ടത് അതെങ്ങനെ വിധിത്വം ആത്മബോധം കൊണ്ടേ അത് സാധിക്കും ഏ ശ്രോത്രാദി ആത്മഭാവം പരിചയജന്തി ധീരന്റെ വ്യാഖ്യാനം ഭാഷകാരം കൊടുത്തിരിക്കുകയാണ് ശ്രോത്രാദി ആത്മഭാവ പരിത്യാഗം ആർക്കാണോ സാധ്യമാകുന്നത് അവനാണ് ധീരൻ ധീരശബ്ദത്തിന്റെ അർത്ഥം അതാണ് അത് അങ്ങനെ പ്രത്യേകം പറയുന്ന എന്താണ് നമ്മിൽ ത്യാഗാഭിമാനം വരും ഞാൻ ത്യജിച്ചിരിക്കുന്നവനാണ് ത്യജിച്ചിട്ട് ലോകത്തെ സേവിക്കുന്നവനാണ് വൃധാഭിമാനം മാത്രം അത് സാധ്യമല്ല പറയുന്ന ധീമത്വമില്ലാതെ ആത്മബോധമില്ലാതെ സാധ്യമല്ല ഒന്നും ജയിക്കാൻ സാധ്യമല്ല നിങ്ങൾക്കൊന്നും ഉപേക്ഷിച്ചിട്ട് ഗുഹയിൽ പോകാൻ സാധ്യമല്ല പിന്നെ അത് അസംബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ബാഹ്യമായ ത്യാഗത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല പറയുന്നു അത് അല്ല ഇവിടെ മുഖ്യമായിരിക്കുന്നു അതൊരു പരിധിവരെ കുറേ ഒരു ആത്മനിയന്ത്രണത്തിനും മറ്റും സഹായിച്ചേക്കാം സഹായിക്കും പക്ഷെ അത് മുഖ്യമല്ല പരിത്യാഗം ഇവിടെ സംഭവിക്കത്തില്ല കേവല ത്യാഗമേ സംഭവിക്കും പരിത്യാഗം എന്ന് വെച്ചാൽ പൂർണമായ ത്യാഗം അത് സംഭവിക്കത്തില്ല ചിലപ്പോൾ ത്യാഗം ഒരുപാട് അഭിമാനത്തെ വളർത്തി മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും അത് കാര്യമില്ല ആത്മഭാവത്തെ പരിത്യ ആന്തരികമായ ത്യാഗം സംഭവിക്കുക ത്യാഗം ത്യാഗം എന്നുള്ള ശബ്ദത്തെ ആവർത്തിക്കുന്നുണ്ടെന്ന പ്രയോജനം ആവർത്തിച്ചിട്ട് അതിൽ അഭിമാനിക്കുന്നുണ്ടോ കാര്യം ഒരു കാര്യമില്ല ഉള്ളിൽ ഈ വെളിച്ചം വരാതെ ഈ പ്രകാശം വരാതെ ത്യാഗത്തിനൊരർത്ഥമില്ല അങ്ങനെ പരിത്യജിച്ച് ആരാണോ ജീവൻ മുക്തനായിരുന്നു ജീവിച്ചിരിക്കുന്ന മുക്തനായിരുന്നു അത് അങ്ങനെ മുക്തനായിരിക്കുന്നവനിൽ എന്താണോ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് വ്യവഹരിച്ചെന്ന് വരാം ക്രമങ്ങളിൽ അങ്ങനെ വ്യവഹരിക്കുന്നത് ആ മുക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് താനാണതിന് സാധകനായിരിക്കുന്നത് അവ്യവഹരിക്കുന്നതിന് സാമർഥ്യം കൊടുക്കുന്നത് താനാണ് ആ ചൈതന്യത്തിന്റെ ഉപരാഗം അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പം താൻ തന്നെ ഹേതുവായിരിക്കുന്നു എന്നിൽ താനെന്തിനു ദുഃഖിക്കണം താൻ ദുഃഖിക്കേണ്ട കാര്യം അതിനെ സംബന്ധിച്ച് ഉപേക്ഷയാണ് മുഖ്തിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളിൽ ഉപേക്ഷയാണ് പിന്നെ മറ്റു തരത്തിലുള്ള ത്യാഗത്തെക്കുറിച്ച് മറ്റും പറയുന്നത് അത് ആത്മനിഷ്ഠയുടെ നിലയിൽ നിന്നും ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ചില വ്യക്തികളെ ഒരു പരിധിവരെ അത് സഹായിക്കും അപ്പോൾ ബാഹ്യമായ ത്യാഗത്തെക്കുറിച്ച് പറയും ഒരു പരിധിവരെ അത് പരമമായ ത്യാഗമല്ല ഇവിടെ ആ പരമമായ ത്യാഗത്തേനും വ്യക്തമാക്കുന്നു ഭരിച്ച ജന്തി ധീരാഹ ധീമന്ത വിവേകൾ ആത്മബോധത്തിൽ ത്യച്ചിരിക്കുന്നു വിശിഷ്ടധീമത്വം അന്തരേണ ശ്രോത്രാദ്യ ആത്മഭാവസഖ്യ പരിഭാഷകാരൻ കൂടെ ഉറപ്പിക്കുന്നു വിശിഷ്ടമായ ധീമത്വം എന്താണ് ശ്രോത്രാദേഹെ ശ്രോത്രാദിനലക്ഷണം ബ്രഹ്മ ആത്മേയ വിധക്കും ശ്രോത്രാദികൾക്കും ശ്രോത്രമായിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണ് താൻ ഇതാണ് വിശിഷ്ടമായ ധീമത്വം അല്ല ഭാഷകാരൻ തന്നെ സ്വന്തം വാക്കുകളുണ്ട് വിശദീകരിക്കുക അതാണ് വിശിഷ്ടമായ ധീമത്വം ബുദ്ധിമത്വം വിവേകം ബോധം ഈ ബോധം കൊണ്ട് ഈ ബോധം കൂടാതെ ോത്രാദി ആത്മഭാവശ്യ പരിത്തി ശ്രോത്രാദികളുടെ ആത്മഭാവത്തെ തിരിക്കാൻ സാധ്യമല്ല ആ ത്യാഗം കൂടാതെ ഇവിടെ ത്യാഗശബ്ദത്തിന് യാതൊരു അർത്ഥമില്ല അതാണ് പരമമായ ത്യാഗം ആ ത്യാഗത്തിൽ ഒരു ചോദ്യം വരും അങ്ങനെ ഒരു ത്യാഗം വരുമ്പോ ബാഹ്യമായ എന്തിനെയൊക്കെ ത്യജിക്കണം അതേ ത്യജിക്കാതിരിക്കണം ബാഹ്യമായ ത്യാഗവും ത്യജിക്കാതിരിക്കുന്നു എല്ലാം അവനവന്റെ സൗകര്യമനുസരിച്ചിട്ടാണ് അവനവന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണെന്ന് വേണമെങ്കിലും പറയാം അല്ല അവനവന്റെ സാഹചര്യം അനുസരിച്ചെന്ന് വേണമെങ്കിലും പറയാം അതാണ് അടുത്ത ഭാഷകാലം പറയുന്നത് പ്രേത്യ വ്യാപൃത്ത അസ്മാത് ലൌകികാത് പുത്ര മിത്ര കളത്ര ബന്ധുഷു മമ അഹംഭാവ സംവ്യ ലക്ഷണ തർവേഷണാഭൂത്വ ഈ കരണങ്ങളിലുള്ള ആ ചൈതന്യ താത്താത്മ്യത്തെ വിടുമ്പോ വേറിട്ട് കണ്ണിന്റെ കണ്ണായിരിക്കുന്ന ആ പരബ്രഹ്മവസ്തുവാണ് താനെന്നുള്ള ബോധത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നാണ് പ്രയത്യ അസ്മാത്യന്നുള്ളതിന്റെ വാച്യാർത്ഥം മരിച്ചിട്ടെന്നാണ് ഇവിടെയും ആർത്ഥത്തെടുക്കുന്നു മരിച്ചിട്ട് അപ്പൊ ജനനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇതിലുള്ള ആത്മഭാവമാണ് ജീവിതം അപ്പൊ മരണമെന്ന് പറഞ്ഞാലോ ഈ ആത്മഭാവത്തെ തിരിക്കുക ശരീരനാശാവില്ല ശരീരനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തി എന്ന് പറയുന്നതിന് അർത്ഥമില്ലാത്തതുവരെ ഇവിടെ പറയുന്ന ഈ തത്വജ്ഞാനം മരിച്ചിട്ട് നേടിയിട്ട് കാര്യമൊന്നുമില്ല മരിച്ചിട്ട് നേടും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ നേടണം അവന്റെ പ്രേത്യെന്നുള്ളതിന് എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ വരുന്ന മരണത്തെക്കുറിച്ചാണ് പറയുന്നത് വ്യാവൃത്യ ില്ലാതാക്കുക എന്നുള്ള ആൾ ഈ അഭിമാനത്തെ ഇല്ലാതാക്കുക ഈ താതാത്മ്യത്തെ ഇല്ലാതാക്കുക എന്നിട്ട് ഈ ലോകത്തു നിന്ന് പോകണം ഈ ലോകം എന്ന് പറയുന്ന അസ്മാത് ലോകാത് പുത്ര മിത്ര കളത്ര ബന്ധുഷു അതുതന്നെയാണ് ഈ പുത്രമിത്ര കളത്ര ബന്ധുക്കളെ ഉപേക്ഷിക്കുക പറയുന്നത് മായ ത്യാഗം ഒന്ന് രണ്ടാമത് ആന്തരികമായ ത്യാഗം ബാഹ്യമായ ത്യാഗം എന്തിനു വേണ്ടി ഏകാഗ്രമായ ധ്യാനമനനങ്ങൾക്ക് ഇതെല്ലാം ഒരു തടസ്സമാണെന്ന് തോന്നുമ്പോൾ ബാഹ്യമായി തിരിക്കുന്നു അതിനുവേണ്ടി മാത്രം ഈ സാധനങ്ങൾക്ക് വേണ്ടി അത് ബാഹ്യമായി ധരിക്കും ആ ത്യാഗം വിധിച്ചിട്ടുള്ളതാണ് അതാണ് പുത്രമിത്ര കളത്ര ബന്ധുക്കളുടെ ത്യാഗം പക്ഷെ ഇവിടെ പറയുന്ന അത്തര ഒരു ത്യാഗത്തെ കുറിച്ചൊക്കെ അത് കടന്നവൻ ആ ത്യാഗത്തെ കടന്നവനാണ് ഇതെല്ലാം ബാഹ്യമായി ഉപേക്ഷിച്ചാലും ഇത് ഉപേക്ഷിക്കുന്നില്ല ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം ആന്തരികമായി നിലനിൽക്കുന്നു അത് പുത്ര മിത്ര കളർത്ര ബന്ധുവെന്ന് പറയുന്ന വാക്യാർത്ഥത്തെ എടുക്കേണ്ട ലോകത്തിൽ എന്തൊക്കെയാണ് തന്നെ ഇതിലേക്ക് ആസക്തമാക്കുന്ന സർവവും എന്തൊക്കെ വിഷയങ്ങളായാലും ശരി ഓരോന്നിനെയും നമ്മൾ ബാഹ്യമായി തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഹയ്ക്ക് ഗുഹ അന്വേഷിച്ചു പോകുന്നു അവിടെ ചെന്നിരുന്നാൽ ഇതെല്ലാം തിരിക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇതിന്റെ ത്യാഗം കൊണ്ട് മനസ്സ് സ്വസ്ഥവും ശാന്തവുമാകും നമ്മൾ വിചാരിക്കുന്നു പേക്ഷികമായൊരു സ്വസ്ഥത ശാന്തത ചിലർക്ക് കൈവരും ചിലർക്ക് അവിടെയും കൈവരത്തില്ല കൂടുതൽ ശക്തമായ ഇതെല്ലാം ഒന്നും പിടികൂടും ഗുഹയിലിരുന്നാൽ ഏകാന്തതയിലിരുന്നാലും അത് നമ്മൾ പ്രതി അറിയേണ്ട കാര്യമാണ് ഏകാന്തത സ്വസ്ഥമാക്കുന്നത് വളരെ യോഗ്യന്മാരായ അപൂർവം പേര് മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷം സാധകന്മാരെയും ഏകാന്തത അസ്വസ്ഥമാക്കത്തേയുള്ളൂ സ്വസ്ഥമാക്കത്തില്ല ഏകാന്തതയിൽ ബാഹ്യമായി വ്യവഹാര രംഗത്താകുമ്പോൾ മനസ്സ് പിന്നെ വിഷയങ്ങൾ മുമ്പിലുണ്ട് അതുകൊണ്ട് അതിന് പരിധി നടക്കേണ്ട ആവശ്യമുണ്ട് വിഷയങ്ങൾ തൊട്ട് മുമ്പിലുണ്ടത് അനുഭവിക്കുന്നു ഏകാന്തയിൽ പോയാലോ മുമ്പിൽ വിഷയമില്ലാത്തതുകൊണ്ട് മനസ്സ് വിഷയങ്ങളെ തേടി നടക്കും പുറമെ അത് പരിധി നടക്കും കിട്ടിയില്ലെങ്കിൽ അത് വളരെ ഭ്രാന്തമായി ബാഹ്യമായി ഉയരുമ്പോ അവൻ കൂടുതൽ അസ്വസ്ഥനാവും ഈ വ്യവഹാരം മധ്യത്തിരിക്കുന്നത് കൂടുതൽ അസ്വസ്ഥനാവും ഏകാന്തയിൽ സാധാരണ ഒരു മനുഷ്യൻ എന്നു വച്ചാൽ സാധാരണ ഒരു സാധകൻ കാരണം അവിടെ മനസ്സിന് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ മനസ്സിന്റെ വെമ്പൽ വളരെ ശക്തമായിരിക്കും അത്രയും അസ്വസ്ഥതയായിരിക്കും അവനുണ്ടാകുന്നു ഏകാന്തയിൽ ഇതൊരു പരമാർത്ഥമാണ് മറിച്ച് വ്യവഹാര മധ്യത്തിലാണെങ്കിൽ മനസ്സ് ശാന്തമാകുന്നതുകൊണ്ട് കള്ള് കുടിക്കുന്നവന് കള് കുടിച്ചു കഴിഞ്ഞാൽ ശാന്തി ശാന്തി വരും സമാധാനം വരും അത് കുടിക്കുന്നതുവരെ അവൻ അസ്വസ്ഥനായി ഓഴറിക്കൊണ്ടിരിക്കും അതെവിടെ കിട്ടുമെന്ന് അതുപോലെയാണ് മനസ്സ് വിഷയ അനുഭവം വരെ അതിങ്ങനെ നടക്കും വിഷയ മധ്യത്തിലിരിക്കുമ്പോൾ അത് വിഷയത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് ശാന്തമാകുന്നു ഏകാന്തത ശാന്തി തരൂ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് സാധാരണഗതിയിൽ അതരത്തിലുള്ള വളരെ ഉത്തമന്മാരായ സാധകന്മാർക്ക് അത് ശാന്തി കൊടുക്കും അതില്ലാതെ ഇല്ല അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആ ഏകാന്തത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് അല്ല പറയുന്നു ഏകാന്തം ആന്തരികമാണ് ഏകമായ അന്തം ഉള്ളില അവിടെ വരുന്ന ത്യാഗം അതാണ് വ്യാകൃത്യ ആ ത്യാഗമെന്നൂറി നടന്നാണ് മമ അഹംഭാവ സംവ്യവഹാരലക്ഷണ അതിനുള്ള മമത ഇതിലെല്ലാം വരുന്ന അഹന്ത മമതയിലൂടെ അഹന്തയിലെത്തിച്ചേരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ വേദനിക്കുമ്പോൾ തനിക്ക് വേദനിക്കുന്നതാണ് മമതയിലൂടെ അഹന്തയിലെത്തിച്ചേരുന്നത് അന്നിന്റെ വേദന തൻ്റെ വേദനയായി തോന്നുന്നു അത് എന്താണ് ആ മമത വർദ്ധിച്ച് അഹന്തയായി മാറുന്നതാണ് ഒരജ്ഞനെ സംബന്ധിച്ചിടത്തോളം മഹാത്മാക്കളെക്കുറിച്ച് പറയുന്ന ഒരാജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനോട് അത്യധികമായി മമത വന്നുകഴിഞ്ഞാൽ അവൻ്റെ വേദനയെല്ലാം തൻ്റെ വേദനയായി അനുഭവപ്പെടും അത് ആ അഹന്തയുടെ മൂർധന്യഭാവമാണ് അതാണ് മമഅഹംഭാവ് സംവ്യവഹാരലക്ഷണം ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഇവിടെ ഈ പുത്ര മിത്ര കളത്രാദികളിലാണ് അപ്പൊ ഈ ഭാവത്തെ ആഹന്തയും മമതയും ത്യജിച്ചിട്ട് അതെങ്ങനെ ത്യജിക്കാൻ സാധ്യമാവും ആത്മബോധം കൊണ്ടേ സാധ്യമാവും അവരൊന്നും എന്റേതല്ല അവരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നൊന്നും മനസ്സുകൊണ്ട് കൽപ്പിച്ചിട്ട് കാര്യം ആന്തരിയമായി അത് പിടികുള്ളൂ ഈ വ്യവഹാരങ്ങളിൽ നിന്നും സർവേഷണ ഭൂത്വ അവിടെയാണ് തെക്തസർവേഷണ എന്ന് പറയും സർവേഷണങ്ങളെയും ജനിച്ചവനായി ആത്മബോധം കൊണ്ട് ത്യാഗിയായിട്ട് അർത്ഥം ആത്മബോധം കൊണ്ട് ത്യാഗിയായിട്ടാണ് ഒരുവൻ മുക്തനാകുന്നത് ഭൂത്വ അമൃത അമൃണധർമാണോ ഭവാന്തി അവൻ പിന്നെ മരണധർമ്മിയായി തീരുന്നില്ല പറഞ്ഞല്ലോ മരണം ശരീരത്തിന്റെ നാശം ഇതൊരു സ്ഥൂലമായ മരണമാണ് അത് എത്രയോ വളരെ ദാരുണമായ മരണമാണ് പ്രദക്ഷിണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണം പ്രദക്ഷിണം മനസ്സും കരുണങ്ങളും ഈ വിഷയങ്ങളിൽ പെട്ട് ഉഴലുന്ന ഈ മരണമെന്ന് പറയുന്നത് വളരെ ദാരുണമായ മരണമാണ് അത് മരണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മരണമാണ് ആ മരണത്തിൽ നിന്ന് അവൻ മോചിതനായിത്തീരുന്നു അപ്പൊ മുക്തന്റെ നിലയിൽ എന്താണ് തൻ ഈ വ്യവഹാരങ്ങൾ ഇത് കേവലം അധ്യാരോപം മാത്രം തന്നെ ആരോപിതമായി നടക്കുന്നു അപ്പോ ഈ ഇന്ദ്രിയങ്ങളിലും ശരീരത്തിനും ഉൾപ്പെടെ ഈ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ അമൃതനായിരിക്കുന്നു മരണത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു എന്നറിയും അതേസമയം തന്നെ അയാൾ അതിനെ അപവദിക്കുന്നു എന്നറിയും അധ്യാരോപത്തിൽ തന്നെ അതിനെ അപവദിക്കുന്നു അതിൻ്റെ തത്വ ശൂന്യതയെ മനസ്സിലാക്കുന്നു ഒരേ സമയം തന്നെ ീതിയിൽ പറഞ്ഞല്ലോ കർമ്മി അകർമ്മയത് എല്ലാം പറഞ്ഞത് അത് ഈ താല്പര്യത്തിൽ തന്നെ എന്നാൽ കണ്ടുകൊണ്ടിരിക്കാതെ തന്നെ ഇതിൽ നിന്നും മുക്തനായിരിക്കുന്നു അസംഘാസ്ത്രേണ ദൃഢേന ചിത്വ വീതിയിലൊക്കെ ഈ കാര്യം വിശദീകരിച്ചു ആ മുക്തിയെക്കുറിച്ച് അമൃത അപ്പോ ഇവിടെ ആ മുക്തിയെക്കുറിച്ച് പറയുന്നതിന് ഏറ്റവും പ്രധാനമായി വരുന്ന അമൃത അമരണധർമാണോ ഭവതി എന്ന് പറഞ്ഞാൽ രക്തസർവേഷണ ഭൂത്ത് അതാണ് സർവേഷണകളെയും തിരിച്ചിട്ട് നടത്തും ആത്മബോധം കൊണ്ട് അല്ല ബാഹ്യമായി എന്തിനെങ്കിലും മരിച്ചെറിഞ്ഞിട്ടില്ല അത് മുക്തിയുടെ അടയാളമല്ല നമ്മൾ മുക്തിയുടെ അടയാളം അന്വേഷിച്ച് എന്താണ് നമ്മൾ അടയാളമായി കാണുന്നത് യോഗ വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ഒരാൾ മൃതശരീരം പോലെ അങ്ങനെയിരിക്കുക അസ്വാഭാവികമായ വ്യവഹാരങ്ങളേർപ്പെട്ടിരിക്കുക എന്നുവെച്ചാൽ മനസ്സിന് സ്വലതയില്ലാത്തവരെ പോലെ ഇരിക്കുക അങ്ങനെയെല്ലാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നിശ്ചേഷ്ഠരായിരിക്കുക ഇതൊക്കെയാണ് മോക്ഷത്തിന്റെ അടയാളമായി നമ്മൾ കാണുന്നത് ഇതൊന്നുമല്ല ഹ്യമായ ഇത്തരം മാറ്റങ്ങൾ അത് മോക്ഷത്തിന്റെ അടയാളം ആയിക്കൊള്ളണമെന്നില്ല ഒരു മുക്തനെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയും ആകുകയും ചെയ്യാം പക്ഷെ അതൊന്നും വെച്ചുകൊണ്ട് അത്തരം ബാഹ്യമായ എന്തെങ്കിലും അടയാളങ്ങൾ വെച്ചുകൊണ്ട് മുക്തനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതും ശ്രദ്ധന്മാരെ പൂജിക്കുന്നതും അപകടമാണ് ഇവിടെ പറയുന്നെന്താണ് രക്ത സർവിയേഷൻ അതാണ് മുക്കിയുടെ അടയാളം വേഷണുകളുടെ ത്യാഗം അത് ബാഹ്യമായി മറ്റൊരുവൻ വെളിപ്പെടുന്നതും ഒരുവന്റെ ആന്തരികമായ ത്യാഗം എങ്ങനെ വേറൊരാൾക്ക് വെളിപ്പെടും ഒരുവൻ ആന്തരികമായി നടക്കുന്ന അധ്യാരൂപ അപവാദ പ്രക്രിയയെ ഒരാൾക്ക് എങ്ങനെ ബാഹ്യമായി കണ്ടെത്താൻ കഴിയുന്നു സാധാരണ മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മനസ്സെന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല സാധാരണ മനുഷ്യനെന്നല്ല ഒരു മനുഷ്യനും കഴിയില്ല ഒരു മനുഷ്യന് വേറെണ്ട മനുഷ്യൻ അവന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് അത് കറുപ്പാണോ വെളുപ്പാണോ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല ശരിക്കും ഒരജ്ഞനായ ഒരുവൻ എങ്ങനെ ഒരു മുക്തന്റെ മനസ്സിന് മനസ്സിലാക്കും അത് സാധ്യമല്ല അതിനെ സംബന്ധിച്ചവൻ ഭ്രാന്തമായ വെളിപ്പെടലുകളുണ്ടാവാം ഭ്രാന്തി മറ്റ് സർവത്തിലും ഭ്രമിച്ചിരിക്കുന്നവൻ മുക്തിയിലും മുക്തനും ഭ്രമിക്കാം അതൊക്കെ സംഭവിക്കാം കാരണം ഇത് പരസമ്മേദ്യമല്ല ഈഷണത്യാഗം അതാണ് മുക്തി അത് സംഭവിക്കുന്നു അത് ജീവിച്ചിരിക്കാനെ സംഭവിക്കുന്നു അത് ഇവിടെ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്നു നർമ്മ ന പ്രജന ത്യാഗേനീക അമൃതത്വ മാനശു അമൃതത്വ പ്രാപിച്ചത് കർമ്മം കൊണ്ടല്ല പ്രജകളെ കൊണ്ടല്ല കർമ്മം കൊണ്ടും പ്രജകളെ കൊണ്ടും മറ്റ് ലോകങ്ങളെയാണ് പ്രാപിക്കുന്നത് വിദ്യ കൊണ്ടും കർമ്മം കൊണ്ടും ദേവലോകത്തെയും പിതൃലോകത്തെയും പ്രാപിക്കുന്നു എന്ന് നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ് അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് കർമ്മം കൊണ്ടും പ്രജകളെ കൊണ്ടും പ്രാപിക്കേണ്ടതായ ലോകങ്ങളും ഇവിടെ എന്താണ് ധനം കൊണ്ട് പ്രാപിക്കുന്നു ആ ലോകങ്ങളെ അല്ല ഈ ലോകത്തെ പ്രാപിക്കാൻ ധനം കൊണ്ട് ത്യാഗയിലേക്ക് ത്യാഗം കൊണ്ട് മാത്രം ആ ത്യാഗം എന്താണ് യേശനത്യാഗം അതാണ് അതിൻ്റെ മുഖ്യാർത്ഥം അല്ല നമ്മൾ അഭിമാനിക്കുന്ന ത്യാഗമല്ല ഞാൻ തിരിച്ചിരിക്കുകയാണ് ഞാൻ സന്യാസിയാണ് അതുപോലെ നിങ്ങളെല്ലാം എന്നെ ഉണങ്ങിക്കൊള്ളണം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ആ ത്യാഗമല്ല ആന്തരികമായ ത്യാഗം അല്ല അതിലെ ഒരുവൻ മുക്തനാകുന്നുള്ളൂ അതാണ് പ്രജകൊണ്ടും ധനം കൊണ്ടും അല്ലയെന്ന് പറയുമ്പോൾ ഞാൻ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കാര്യമില്ല യേശനത്യാഗം വന്നില്ലെങ്കിൽ ബാഹ്യമായി ഇതിനെല്ലാം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കയോ ചെയ്യുന്നില്ലെന്നും കാര്യമായി പഴമ്പൊന്നും ഇല്ലാതിന് മറിച്ച് അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് യേശനാത്യാഗം അതുകൊണ്ട് ത്യാഗിനേകെ അമൃതത്വ മാനുസുഖവും അമൃതത്വം ഖാനി വത്തണ ഖാനീന്ദ്രിയങ്ങളെ പരാഞ്ചി ബഹിർമുഖങ്ങളായി വേതന സ്വയംപൂ സൃഷ്ടിച്ചു സൃഷ്ടികർത്താവ് അങ്ങനെ സൃഷ്ടിച്ചു ആരാ സൃഷ്ടികർത്താവ് ഈ ചൈതന്യന്ത സർവസാക്ഷിയായിരിക്കുന്ന ചൈതന്യന്തൻ അത് തന്നെതിനെ ബഹിർമുഖങ്ങളായി പ്രവർത്തിപ്പിച്ചുകൊണ്ടേരിക്കും അധ്യാരോപം നടത്തിക്കൊണ്ടിരിക്കും അത് തന്നെതിനെ അപവദിക്കുന്നു ഒരിടത്തു തന്നെ സംഭവിക്കുന്നു നമ്മൾ അധ്യാരോഗ തലത്തിൽ മാത്രേ നീക്കുന്നത് അപവാദത്തിന്റെ തലത്തിലേക്ക് കിടക്കുന്നു അത് കിടക്കുന്നിടത്താണ് ഏഷണാത്യാഗം സംഭവിക്കുന്നത് മുക്തി സംഭവിക്കുന്നത് അവിടുത്തെ ചക്ഷഹ അമൃതത്വമിച്ചൻ പറയുന്നു അമൃതത്വത്തെ ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ മുമ്പ് പറഞ്ഞ ജനന മരണരൂപത്തിലുള്ള ഈ സംസാരത്തിൽ നിന്നുള്ള വെറും ജനന മരണം നമ്മളെടുക്കരുത് പ്രദക്ഷിണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ താതാത്മ്യം തന്നെ ജനന മരണങ്ങൾ പ്രദക്ഷിണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസിന്റെ വൃത്തിഭംഗം അതുതന്നെ മരണം ഇതിൽ നിന്നും മോചിക്കുന്നതിനു വേണ്ടി അവിടുത്തെ കക്ഷുവായി തീർന്നു അവന് ഇതിനെല്ലാം അപവദിക്കുന്നു ആന്തരികമായി യഥാ സർവേ ഭ്രമിച്ചു പല ഭാഗത്തും പറയുന്നു ആ കാമങ്ങൾ അവന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന കാമങ്ങൾ അതിൽ നിന്നവൻ മുക്തനായി തീരുമ്പോൾ അതിനാണ് ഏഷണന്ന് പറഞ്ഞു അതിൽ നിന്നും മുക്തനായിത്തീരുമ്പോ അവൻ സർവത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു ജനന മരണങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു പിന്നെ അവിടെ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമേണ്ട അവന്റെ മനസ്സ് പ്രവർത്തിക്കുന്നോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വിഷയമുണ്ട് അവൻ പിന്നെ മനസ്സിനെ നിരോധിച്ച് സമാധിയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിന്റെ വ്യവഹാരത്തിൽ അവൻ ആകുലനാകുന്നു അതിലുള്ള ഉത്കണ്ഠമുള്ളവനാകുന്നുണ്ട് വ്യവഹാരത്തെ അവൻ ഭീകരമായി കാണുന്നുണ്ട് എന്തുകൊണ്ടവൻ കാമങ്ങളിൽ നിന്നും മോചിച്ചു കാമമാണ് അവന് ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നത് അത്ര ബ്രഹ്മസമശ്നതയിൽ അവൻ ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നു തികച്ചും ആന്തരികമാണ് എന്നിവിടെ വെളിപ്പെടുത്തുകയാണ് ഇത്യാദി ശ്രുതിഭ്യ അവൻ ആ മുക്തിയുടെ ശാന്തി മുക്തിയുടെ സുഖം അവന് മുക്തിയുടെ അനുഭവം നിലനിൽക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് കണ്ണിന്റെ കണ്ണേതാണ് കണ്ണിന്റെ കണ്ണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് എന്താ ഗുണം അതിന്റെ ഫലത്തെയാണ് ഇവിടെ നമ്മുടെ തത്വം അതാണ് അതിന്റെ ഫലം അപ്പൊ ഈ വിദ്യ ഈ ശാസ്ത്രത്തിലൂടെ ഗുണപ്പെടുത്തുന്നു ഈ വിദ്യ അതിന്റെ പ്രയോജനം അതാണ് ഇവിടെ പറഞ്ഞത് പ്രയോജനം രണ്ടു തരത്തിലുണ്ടെന്നും ദുഷ്ടം മറ്റൊന്ന് അധിഷ്ഠം ഇതിനൊരു ദുഷ്ടഫലം വേണമല്ലോ ശ്രഗാദികളെപ്പോലെ ഇതൊരു അതിഷ്ടഫലമായ പോലെ ദുഷ്ടഫലം എന്ന് പറയുന്നത് എന്താണോ ഈ വിദ്യ ഗ്രഹിക്കുമ്പോഴും അത് ഫലവത്തായിരിക്കും അതിന് ശ്രവിക്കുമ്പോൾ അത് ഫലവത്തായിരിക്കും അതിനെ അത് ഫലവത്തായിരിക്കും അങ്ങനെ അതിന് അതിനെ ദുഷ്ടഫലമെന്ന് പറയും ഭക്ഷണത്തെ പോലെ ഭക്ഷണം അതിനെ സ്മരിക്കുമ്പോൾ തൃപ്തി തരുന്നു അതിനെ കാണുമ്പോൾ അത് തൃപ്തി ഉണ്ടാക്കുന്നു ഭക്ഷിക്കുമ്പോൾ അത് തൃപ്തി ഉണ്ടാക്കുന്നു ഇപ്പം സദാഫലത്തെ കൊടുക്കുന്നതാണ് ദുഷ്ടഫലമെന്ന് പറയുന്നത് മുക്തി എന്ന് പറയുന്നത് സദാഫലത്തെ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണത് ജീവിച്ചിരിക്കുമ്പോൾ ഫലത്ത് കൊടുത്താ കൊടുക്കുന്നതായിരിക്കും മരണശേഷം ഒരു ഫലമുണ്ടെന്ന് പറഞ്ഞാൽ അത് പോകും അതീന്ദ്രിയമായി പോവും അതീന്ദ്രിയ കാര്യങ്ങളിലും ശാസ്ത്രം പ്രമാണമാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ സ്വീകരിക്കാം കാരണം മനുഷ്യൻ അറിയേണ്ടതെല്ലാം അറിയുന്നില്ലല്ലോ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ പുതുതായി അറിവൊന്നും അവൻ ഉണ്ടാകത്തില്ലായിരുന്നു അപ്പം അവൻ അറിയേണ്ടതായി പലതുമുണ്ട് അപ്പം മരണശേഷമുള്ള കാര്യങ്ങളും അറിയേണ്ടതാണ് അല്ലെങ്കിൽ ഇനി അറിയാവുന്നതാണെന്ന് കരുതി സമാധാനിക്കാം അങ്ങനെയാണെങ്കിൽ അത് വിദേഹമുക്തിയായി ശരീരനാശത്തിന് ശേഷവും ഒരു മോക്ഷം മരണത്തിന് ശേഷവും ഒരു മോക്ഷം അങ്ങനെയും കരുതാം ഇപ്പോൾ അത് അതീന്ദ്രിയവും ആണെങ്കിലും പക്ഷെ അത് മനുഷ്യനെ സമാധാനിപ്പിക്കത്തില്ല അവൻ എന്തെങ്കിലും വേണ്ടത് ഇപ്പോൾ തന്നെ വേണം എന്നുവെച്ചാൽ ജീവിച്ചിരിക്കും ആ മുക്തനാണ് അതിനു വേണ്ടിയിട്ടാണ് ജീവൻ മുക്തിയെ കുറിച്ച് പറഞ്ഞത് മരണശേഷത്തിലുള്ള മുക്തിക്ക് വേണ്ടി ഒരുവൻ പ്രയത്നിച്ചെന്ന് വരത്തില്ല അത്രയും ശ്രദ്ധയുള്ളവൻ ആരാണോ ഒരുവൻ വളരെ ക്ലേശകരമായ കർമ്മങ്ങൾ സ്വർഗ്ഗത്തിന് വേണ്ടി ചെയ്യുന്നു ശ്രദ്ധയുടെ ആധിക്യം കൊണ്ടാണ് അതുപോലെ ഒരുവൻ ഒരുപക്ഷെ വിദേഹമുക്തിക്ക് വേണ്ടി ശ്രമിച്ചു ഒരു നിജം മരണത്തിന് ശേഷമുള്ള മുക്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുക തന്നെ ഈ ശരീരത്തോടിരിക്കുക തന്നെ ഈ ശരീരത്തിലുള്ള താതാത്മ്യത്തെ വിട്ടു ഒരുവന് വിദേഹമുക്തനാകാം അവനാണ് ജനകനിയും മറ്റും വിദേഹനെന്ന് പറയുന്നത് അവിടെ ജീവൻമുക്തി വിദേഹമുക്തി എന്ന് ഭേദമില്ല പക്ഷെ മരണത്തിന് ശേഷം ഒരു മുക്തി മരണം തന്നെ ഒരു മുക്തിയാണല്ലോ താത്കാലികമായ മുക്തി അതിനപ്പുറം പിന്നീട് ജനനം വരാത്തൊരു മുക്തി അതുണ്ടെങ്കിലും അതിനെ അംഗീകരിച്ചോണ് പറയണം അങ്ങനെയുണ്ടാകാം അഥവാ അതിമുച്യത്തി അനേന ഏവാ യേശനാത്യാഗത്വ സിദ്ധത്വ അതിമുച്യ പ്രയത്യ എന്ന് രണ്ടു കാര്യം പറഞ്ഞു അതിമുച്യ ഇതിനെല്ലാം തെക്ക് ഭാഷകാലം പറഞ്ഞല്ലോ ഉജ്ജിത്വ ആ ത്യാഗം കൊണ്ട് തന്നെ ഇവിടെ മുക്തി പൂർണമായി ജീവൻ മുക്തി അതുകൊണ്ട് തന്നെ വർണ്ണിച്ചു കഴിഞ്ഞു ജീവൻ മുക്തി സുസാധ്യമാണ് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായി അതിമുച്ചു പറഞ്ഞാൽ മതി അതുകൊണ്ട് ബാക്കിയെല്ലാം കിട്ടി ഇപ്പൊ ജീവിച്ചിരിക്കെ മുക്തി ശരി ജീവിച്ചിരിക്കെ മുക്തി നേടി ഏതിനും കടന്നു ചിന്തിക്കുന്നവരുണ്ട് ജീവിതം അവസാനിച്ചു മരണശേഷം ചോദിക്കാറുണ്ട് വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുമോ എന്തായാലും സംഭവിച്ചു ജനനമെന്ന് പറയുന്നവർ സംഭവിച്ചു അവിടെ മരണം വരെ പല കാര്യങ്ങളും സംഭവിച്ചു മരണത്തിന് മുമ്പ് തന്നെ ഒരാൾ ഇതിൽ നിന്ന് മുക്തനായി അയാൾക്ക് തത്വബോധമുണ്ടായി മരണത്തോടുകൂടി ജനനത്തിൽ തുടങ്ങിയ സർവം അവസാനിക്കുകയാണ് അപ്പൊ ഈ മുക്തി അവസാനിച്ചാലും കാരണം ഇത് ജനനത്തിന് ശേഷം സംഭവിച്ചാണ് എന്നാൽ വീണ്ടും ഇതെല്ലാം വ്യത്ഥമായിത്തീരും വീണ്ടും എല്ലാം ഒന്നിനും തുടങ്ങേണ്ടി വരും ജനനവും ജീവിതവും മുക്തിയും മരണവും ഇതാവർത്തിക്കുമോ എന്നും ഒരാൾക്ക് സംശയം വരാം അതിന് സമാനം പറയാണ് അതില്ല അസ്മാൻ ദോകാത് പ്രേത്യ അസ്മാൻ ശരീരാ മൃത്വ പ്രേത്യെന്നു പറയുന്നതിന്റെ മുഖ്യാർത്ഥം വാചിയാർത്ഥം മരിച്ചിട്ട് അസ്മാന്തോക ലോകം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരം മുമ്പ് ലോകം എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ ലോകം എന്ന് പറയുന്ന എന്താണ് അഹന്തി മമതിയാണ് ലോകം ഈ ശരീരത്തിൽ വരുന്ന അഹന്ത ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന മനസ് ആസക്തമാകുന്ന വിഷയങ്ങളിൽ വരുന്ന മമത അതാണ് അവിടുത്തെ ലോകം ഇവിടെ അതല്ല ലോകം എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ ലോകാപ്രേത്യ അസ്മാത് ശരീരാത്പ്രേത്യ മൃത്വ അങ്ങനെയെടുക്കും അപ്പോൾ ജീവൻമുക്തിക്ക് ശേഷം ശരീരത്തിന് ഭൗതികമായ മരണം സംഭവിക്കുന്നു തത്വജ്ഞാനി എന്താണ് ജ്ഞാനം കൊണ്ടാണ് ഇതിനെ അപവദിച്ചത് ജ്ഞാനം കൊണ്ട് അപവദിച്ചാലും ഇത് നിലനിൽക്കുന്നു ജ്ഞാനം കൊണ്ടിതിനെ ഭൗതികമായി നശിപ്പിക്കാൻ തത്വം ഞാൻ കഴിയില്ല ഇത് ആ ബ്രഹ്മസന്നിധാനത്തിന് മൂലപ്രകൃതി ചേഷ്ഠിച്ച് അതിൽ നിന്ന് സംഭവിച്ചതാണ് അതുകൊണ്ട് അഗ്നിയിൽ ദഹിക്കേണ്ടതിനെ ജ്ഞാനത്തിൽ ദഹിപ്പിക്കാൻ പറ്റത്തില്ല അത് പഞ്ചമഹാഭൂതങ്ങളിൽ തുടങ്ങി ഈ സ്ഥൂലഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ് അതിന് പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് ഈശ്വരീയമായ നിയമം അതിനനുസരിച്ചേ അത് പോകത്തുള്ളൂ ആ നിയമത്തെ മാറ്റിമറിക്കാനും ഞാൻ ജ്ഞാനത്തിന് ശേഷിയില്ല ഞാനെന്തിനു വേണ്ടി ആ വിവേകത്തെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ അതിനുവേണ്ടി മാത്രമാണ് പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നു ഇരുട്ട് നശിച്ച് പ്രകാശത്ത് തെളിയുന്ന വസ്തുക്കളെയൊന്നും ആ പ്രകാശം നശിപ്പിക്കുന്നില്ല മറിച്ച് അത് കൂടുതൽ പ്രകാശിപ്പിക്കാത്തേ ഉള്ളൂ ആ അതുപോലെ ജ്ഞാനത്തിൽ ഈ സംസാരം ആ സംസാരത്തിൻ്റെ പ്രാഗട്ട്യം പ്രകട്ടത്ത അതിന് മാറ്റമൊന്നും വരുന്നില്ല അതിനു പ്രാരബ്ധെന്ന് പറയുന്നു ലേശ വിദ്യ പല പേരുകൾ പറയും അതിങ്ങനെ തുടരുന്നു ഞാനീ അതിനെക്കുറിച്ച് ഉപേക്ഷ വിചാരിക്കുന്നു കാരണം ഞാനീ അത് ബാധിക്കുന്നില്ല ഞാൻ സ്വയം തന്നെ പറഞ്ഞല്ലോ അതിന് സാധകമായി നിൽക്കുന്നു ശരീരത്തിനും മനസ്സിനും കർമ്മങ്ങൾക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം സ്വയം താൻ ചൈതന്യ രൂപിയായി സർവസാക്ഷിയായി അതിന് സാധകനായി നിൽക്കും പിന്നെ അതിനെ ഒന്നും നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല മുമ്പ് നമ്മൾ ചർച്ച ചെയ്തല്ലോ അത് തുരിയന്റെ സൃഷ്ടിയാണ് അതിൽ തുരിയണ്ട ഒരു നിയമമുണ്ട് അതനുസരിച്ച് ശരീരത്തിന്റെ നാശം സംഭവിക്കും ആ ശരീരനാശം സംഭവിച്ചിട്ടും അതാണ് മൃത്വ അത് സംഭവിച്ചാലും അയാൾ വീണ്ടും ഒരു ബന്ധനത്തിലേക്ക് വരുന്നില്ല കരിഞ്ഞു പോയത് പിന്നെ മുളയ്ക്കുന്നില്ല എന്ന എന്തുകൊണ്ട് വരുന്നില്ല അത് വരുന്നതിനുള്ള ബീജമില്ല അത് വരുന്നതിനുള്ള ബീജം എന്താണ് അജ്ഞാനമാണ് ആ അജ്ഞാനം നശിച്ചു കഴിഞ്ഞു ബീജം നശിച്ച പിന്നെങ്ങനെ വിക്ഷമുണ്ടാവും അജ്ഞാനം നശിച്ച് കഴിഞ്ഞാൽ അതാണല്ലോ പറഞ്ഞത് ധീമന്തഹ വിവേകിയായി ആത്മബോധം കൊണ്ട് നശിച്ച് കഴിഞ്ഞ് നശിച്ചത് വീണ്ടും തുടരുന്നു എന്നേ ഉള്ളൂ ജീവൻമുക്തിയിൽ അതിനാണ് കരിഞ്ഞ വസ്ത്രത്തിൻ്റെയും മറ്റുദാഹരണം പറയുന്നത് കരിഞ്ഞ വസ്ത്രം പിന്നീട് എന്താണ് കേവലം ചാമ്പൽ അതാരൂപത്തെ കുറച്ച് സമയം കൂടി കാണിക്കും ഒരു കാറ്റടിക്കുന്നത് വരെ കാറ്റടിക്കുമ്പോൾ അതും അപ്രത്യക്ഷമാകും അതുപോലെ ഈ സ്കൂല ശരീരവും വീണു പോകും പിന്നീടൊന്നും സംഭവിക്കാനില്ല ശ്രീ മഹിമിനെ സ്വമഹിമയിൽ അത് സ്ഥിതി ചെയ്യുന്നു പറയുന്നു ഈ സംസാരത്തിൽ നിന്ന് അവൻ മുക്തനായിരിക്കുന്നു എന്നറിയാം അത് കേവലം ഒരു സങ്കല്പമോ ഭാവനയോ ഒരു സ്വപ്നമോ ആയിക്കൂട അതുകൊണ്ടാണ് ജീവൻമുക്തിയെ സ്വയം അവൻ അത് അനുഭവിക്കും അജ്ഞനോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവന് സംശയം വരും മരണശേഷം പിന്നെന്താണ് ശരി ജീവിച്ചിരിക്കുമ്പോൾ ഇനി ജീവൻ മുക്തിയെ തന്നെ നമുക്ക് അനുഭവിക്കാം ജീവൻ മുക്തിയുടെ വിലക്ഷണത അത് ആനന്ദമാണോ ശാന്തിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്തായാലും അതനുഭവിക്കാം മരിച്ചതിന് ശേഷം ഇതൊന്നും മുന്നല്ലോ പിന്നെന്തനുഭവിക്കും പിന്നെന്താ ശേഷിക്കുന്നത് സങ്കല്പ അതീതമായ ഒന്നിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവനോട് ജീവൻ മുക്തിയെ കുറിച്ച് അത് സ്വസമ്മേദ്യമാണ് വിദ്വത് ബുദ്ധിഗമ്യം ഭാഷകാരൻ മുമ്പ് പറഞ്ഞു രണ്ടു കൂടെ വിശദീകരിക്കുന്നു വിദ്വത് ബുദ്ധിഗമ്യമായിരിക്കുന്ന അനുഭവം അനുഭവാതീതമായിരുന്നില്ല അല്ലെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഒരു തരത്തിലുള്ള സങ്കല്പങ്ങൾക്കും ഇടകൊടുക്കാത്ത പൂർണത അതാണ് ആ വിദേഹമുക്തി മൃത്വ ശരീര പ്രേത്യ അത് സംഭവിക്കുന്നു അമൃതാഹഭവന്തിമുക്തിയുടെ രണ്ടു നിലയും ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇത് മുമ്പ് ഞാൻ പറഞ്ഞു ശ്രുതി അത് അനുഭൂതി ശാസ്ത്രം അനുഭൂതിയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് അടുത്ത മന്ത്രത്തിൻ്റെ ഭാഷകാരൻ അത് വ്യാഖ്യാനിച്ചു ശബ്ദത്തിനതിന് ശേഷിയുണ്ട് ശബ്ദത്തിലൂടെ അത് വെളിപ്പെടുത്തുകയാണ് അത് മുക്തിയുടെ വിവരണത്തിലാണത് പൂർണ്ണമാകുന്നത് ശാസ്ത്രം പൂർണ്ണമാകുന്നത് സാധനയെക്കുറിച്ച് അത് വിശദീകരിക്കുന്നത് ശ്രവണമനന ധ്യാനങ്ങൾക്ക് വേണ്ടി അത് സാധനയെക്കുറിച്ച് വിശദീകരിക്കുന്നു അവിടെയാണ് യത്നം ആവശ്യമായിട്ടുള്ളത് ശ്രോണം വനന തുടങ്ങിയ സാധനകൾ ഒരുവൻ അനുഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം അവനു ശ്രദ്ധ വേണം ശ്രദ്ധയില്ലാതെ ആരും അനുഷ്ഠിക്കും ശ്രദ്ധ ഇവിടെ ഫലത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇവിടെ പറയുന്ന ഫലം വാസ്തവമാണെന്നുള്ള ശ്രദ്ധാവിനുണ്ടാവണം അപ്പൊ ആ ഫലത്തിൽ ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് മുക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ആ മുക്തിയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ അവിടെ യത്നമൊന്നും ആവശ്യമില്ല സാധനയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ യത്നം ആവശ്യമാണ് മുക്തിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ശാസ്ത്രത്തിന്റെ വെളിപ്പെടുത്തൽ അത് യത്നരഹിതമാണ് അവിടെ സാധനത്തിലൊന്നും ചെയ്യാൻ അതുകൊണ്ട് നിഷ്പ്രയോജനമാകുന്നില്ല എന്ത് ചെയ്യുന്നു അത് ശ്രദ്ധയെ വർദ്ധിപ്പിക്കുന്നു അതാണ് അതിന്റെ പ്രയോജനം മുക്തിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അതിലവന് ശ്രദ്ധയുണ്ടാകുന്നു ആ ശ്രദ്ധ എന്തിനുപകരിക്കുന്നു സാധനയിൽ സഹായിക്കുന്നു സാധനയിൽ യത്നിക്കുന്നതിനവന് പ്രേരണപ്പെടുത്തുന്നു അതിനുവേണ്ടിയിട്ടാണ് ശാസ്ത്രത്തിന് മുക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് അത് ആകാശകുസുമം പോലെ ഒന്നാണ് മുക്തിയെങ്കിൽ അതിലെത്ര പേർക്ക് ശ്രദ്ധയുണ്ടാവും മുക്തിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആകാശ കുസുമം എന്ന് പറഞ്ഞാൽ ആകാശ കുസുമത്വം നേടുന്നതിന് വേണ്ടി എത്ര പേര് യത്നിക്കും അത്രയും ശ്രദ്ധയുള്ള ഒരാൾ ഒരു പക്ഷേ എന്നിച്ചതിരിക്കും ഒരാൾ പറഞ്ഞു ആ ആകാശദിവസവും ഉണ്ടെന്ന് പറഞ്ഞു ആ വാക്കിൽ തന്നെ ശ്രദ്ധ വരുന്നതുകൊണ്ടവൻ അതിൽ എന്തിച്ചെന്ന് വന്നേക്കാം പക്ഷെ വിവേകികൾ അതിൽ എന്തിനിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ ആകാശദിവസവും പോലെ തന്നെ വർണ്ണിക്കുന്നു ഇവിടെ വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ അനുഭൂതി ശാസ്ത്രം എന്ന് പറയുന്നത് ആചാര്യൻ സ്വാനുഭൂതിയിൽ നിന്നുകൊണ്ടാണ് വർണ്ണിക്കുന്നത് സ്വാനുഭൂതിയിൽ നിന്നുകൊണ്ട് സ്വാനുഭവത്തെ തന്നെ സ്വയം പ്രമാണമാക്കിക്കൊണ്ട് വർണ്ണിക്കുന്നു പ്രത്യക്ഷമാണല്ലോ മുഖ്യപ്രമാണം ഇവിടെ ആചാര്യനെ സംബന്ധിച്ചിടത്തോളം സ്വാനുഭവത്തെ തന്നെ മുഖ്യപ്രമാണമാക്കും എന്നിട്ട് വർണ്ണിക്കുന്നു അങ്ങനെ വർണ്ണിക്കുമ്പോൾ ശിഷ്യനത് ബോധ്യം വരും ഏകദേശ ബോധ്യം വരും സ്വാനുഭവത്തിലൂടെയും സ്വന്തം വ്യക്തിയിലൂടെയും ഈ അനുഭവം സാധ്യമാണ് ഇത് ആകാശപ്രസുവും പോലെയല്ല അവന് ശ്രദ്ധ വർദ്ധിക്കുന്നു അവനോട് ആഗ്രഹം വരുന്നു ശ്രദ്ധ വർദ്ധിക്കുന്നു അവൻ ശ്രദ്ധയിൽ നിന്നുകൊണ്ട് ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു വിവേഷണങ്ങളെയെല്ലാം ത്യജിച്ചുകൊണ്ട് ശ്രദ്ധാനായി അതുകൊണ്ടാണ് ശ്രദ്ധാവാൻ ലഭ്യത ഞാൻ അങ്ങനെയാണ് അനുഭൂതി ശാസ്ത്രം ഒരുവനെ സഹായിക്കുന്നത് ആ രീതിയിലാണിവിടെ ഇതിനെ ആചാര്യന് പ്രകടമാക്കുന്നത് അങ്ങനെ രണ്ടു തരത്തിലുള്ള മുക്തിയെയും ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് श्रोत्रस्य श्रोत्र मनसो वाचम सव यथ वाचो वाचं सौ अतिमुच्य चक्षुष प्रेत्य अतिच्य धीरा प्रत्य अस्मामृता